അങ്ങനെ അവർ അള്ളാഹുസുബഹാനഹൂവ ചായാലായുടെ അനുഗ്രഹത്തോടും ഔധാര്യത്തോടും കൂടി വന്നു യാതൊരു ദോഷവും അവരെ സ്പർശിച്ചില്ല അവർ അള്ളാഹുസുബഹാനഹുവ ചായാലായുടെ പ്രീതി തേടി അള്ളാഹുസുബഹാനഹൂവ ചായാല മഹത്തായ ഔദ്ധാര്യത്തിനുടമയാകുന്നു